നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളിലേക്ക് തന്നെ ഒരു ദൂതനെ മുഹമ്മദ് ബിസലാഹ് അലഹി വസ്ലം ഞങ്ങൾ നിയോഗിച്ചതുപോലെ അദ്ദേഹം നിങ്ങൾക്ക് ഞങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ ഓദിത്തരികയും നിങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു ചെയ്യുന്നു